മറിയമ്മിന്റെ മകനായ മസീഹായിസ അലൈസ്സലാം ഒരു ദൂതൻ മാത്രമായിരുന്നു അദ്ദേഹത്തിന് മുൻപും ദൂതന്മാർ കടന്നുപോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മാതാവ് സത്യസന്ധയായ സ്ത്രീയായിരുന്നു അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു അവർക്കുവേണ്ടി ഞാൻ എങ്ങനെ ദൃഷ്ടാന്തങ്ങൾ വ്യക്തമാക്കുന്നുവെന്നു നോക്കുക പിന്നീട് അവർ എങ്ങനെ വഴിതെറ്റിക്കപ്പെടുന്നുവെന്നു നോക്കുക